وإذا قيلت هذا انت عن المراد القولنا ان اليقين ينقصم ثلاثتكم عاملين يقين ಮೂនិனம் ഉണ്ട് എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ಅದുകൊണ്ടുള്ള മുറാദ് എന്താണ് বিলقوم वतिമ الله بملكته وبالقلتي وبالخفايب والجلال والجلال kuvvetu ഉണ്ട് katagatte killetu kondu khafaaj jala kondu ingana mooninam ഒമ്പത്തൊന്നു വഴപ്പം തന്നെ ശക്തി ശക്തി കുറവ് പിന്നെ കത്തടത്തെ ചെല്ലത്താൽ എണ്ണത്തിനുള്ള വർധന കുറവ് മറ്റേതോ തെളിയലി തെളിയാതിരിക്കും ഇങ്ങനെ ഇതാണ് ഏത് മൂന്ന് ഉത്തഭാന്ന് പറഞ്ഞ സാധനം നോക്കത്തി വന്നാക്കി ഒമ്പത്തൊന്ന് വഴപ്പം എടുത്ത ഒന്നാമത്തത് പാൽഅൽ ഇസ്ലാഹിത്താനി രണ്ടാമത്തെ ഇസ്ലാഹും എടുക്കണം പറയണം രണ്ട് ഇസ്ലാഹും പറയണം മുപ്പത് വഴപ്പിന്റെ മൂന്ന് വർഷം അപ്പൊ മൂന്ന് രണ്ട് ആറായി ആറ് ഇനിയുണ്ട് എന്തായാലും ഇപ്പൊ എന്ന് സാമാന്യ ബുദ്ധിമുട്ട് ആലോചിക്കാനുള്ള കാര്യമില്ല രണ്ടാമത് ഇസ്റ്റലായി എടുക്കലി ലൈ അല കൽബി അതായത് കൽബിൻ കണ്ണാലിൽ എത്രത്തോളം അധികാരം ചുമത്തുന്നുണ്ട് എത്രത്തോളം ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് നോക്കിക്കാം വതറജാതി മാനാരിൽ യഖീനി സിൽഖും വദുഅിൻ ബി വിഷയത്തിൽ യഖീനിൻ മആനി ഉണ്ടല്ലോ ഇലാ തനാഹ അത് അച്ചമാവില്ല വതഫാബത്തുൽ ഖൽഖ ഫിൽ ഇസ്തിദാബിൽ മൗതി മൗതിനെ വേണ്ടി വേണ്ടപ്പെട്ട കാര്യങ്ങളെ കൊണ്ടി തയ്യാറാക്കുന്ന വിഷയത്തിൽ സൃഷ്ടികളുടെ തഫാബത്ത് ബി ഹസ്ബ തഫാബത്തിൽ യഖീനി മി ഹാദിഹിൽ മആനി ഈ മആനി പ്രകാരമുള്ള തഫാബത്ത് അനുസരിച്ചാണ് അതേസമയത്തിൽ മരിക്കും എന്നുള്ള ആ വിഷയത്തിൽ തഫാത്തേ ഉണ്ടാവില്ല ജനിച്ചാള് മരിക്കും എന്ന വിഷയത്തിൽ അത് അങ്ങനെ കാരണം കുറയുന്നു മരിക്കും എന്നുള്ള ആ ബോധം കൽഭിന്നമോൾ ഇശ സ്ഥാനമർപ്പിച്ച് സ്ഥാനമർപ്പിച്ചതിന് ശേഷം അതിനെന്താക്കും അതിന് ശക്തി കൊടുത്തനുസരിച്ചിട്ട് മരണത്തിന് തയ്യാറെടുക്കുന്ന വിഷയത്തിലാണ് ഏറ്റക്കുറച്ചിലുണ്ടാവുക وام متفاضت بالجلال بالخفاء والجلال بالاستهلال بالاصلاح اللغوي وما مت اصلاح برقان خفاء الجلالனு معناها വ്യക്തമാവരും വ്യക്തമാവല എന്ന വിഷയത്തിൽ فلا ينكروا الا عند تفاضل দাওം അം തഫത്തെ കൊറച്ചി അമാ فيما يتركه يديه تجديد فسلا ينكروا അതുപോലെ തന്നെ تجديد എന്ന് പറഞ്ഞാൽ അതൊരു മർബസം തെക്ക് പെട്ടതിനു ശേഷം മൂന്ന് ആകെ മൂന്ന് വർഷമേ പറഞ്ഞത് ഒന്നാമത്ഹിരി രണ്ടും ഫിസ്റ്റി പിസ്റ്റിയാവുന്ന ചെയ്തു അപ്പൊ ഇവിടെ ഇമതി ഇവിടെ ഇമ്പതിന് വെച്ചോ രണ്ടും പുല്യം ഇവിടെ എഴുപത്തഞ്ചായപ്പോൾ ഇവിടെ ഇരുപത്തി അഞ്ച് ഇവിടെ തൊണ്ണൂറ്റി എട്ടാവുന്ന മത്സരത്തിൽ ഇവിടെ രണ്ട് തജിവി അപ്പൊ ഈ രണ്ടെണ്ണം എടുക്കും അതാണ് എട്ടത്താപ്ര തുവി സുഫലായും കെറു അത് മിങ്കാറാക്കപ്പെടേണ്ടതില്ല അതിന് ഡിസ്റ്റരാഹിത്താനി ഇപ്പൊ നോക്ക് തജീസ് ചെന്ന് മുട്ടാകുന്ന ഈ എഴുപത്തിയഞ്ചും ഈ തൂങ്ങിച്ചിട്ടുണ്ടല്ലോ ഇത് തജിനീസ് മർമ്മസം തജിബീസുള്ള സാധനമാണല്ലോ ഇതിനും ഇൻകാറാക്കാൻ വകത്തില്ല ഈ ഇരുപത്തഞ്ച് പേഴ്സെന്റ് കണ്ടുകൊണ്ട് എഴുപത്തഞ്ചിന് തള്ളാൻ പറ്റില്ലല്ലോ ഇവിടെ രണ്ട് മറുവശം കണ്ടതിന്റെ പേരിൽ തൊണ്ണൂറ്റി എട്ട് തള്ളാനും പറ്റൂലല്ലോ അതാ ഇനി ചെക്ക് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഏതല്ലോ ഇവിടെ പറയപ്പെട്ട മെന്നും ഏ അതുപോലെ അവസാനം പറഞ്ഞ വൈകിടത്ത് പോകാൻ കൊണ്ടിട്ട് നാലാമർത്ത അതല്ല അത് ചെക്ക് െ അതിനെ നിങ്കാറാക്കാൻ യാതൊരു മറന്നൂല്ല തള്ളിക്കളയാൻ പറ്റൂലി മക്കത്തോദി എന്റെ അപ്പുറം ആക്കി ജന്മത്തിൽ മാലി വച്ചാരിക്കുന്നു പതക്ക് മത്തന എന്തു പറയുന്നു മക്കന്റെ ഒരു വജൂദ് പതക്കി എന്നൊരു നാട്ടിന്റെ മുതൂത് ഈ തമ്മിൽ രണ്ടിനും ഉതൂതില്ലേ ഏതാ മനസ്സിൽ മുൻതൂക്കം ബസ് നോക്കി കേട്ടോ മക്കളുടെ ഉതൂത് അതുകൊണ്ടാണ് സവാസറുകൊണ്ടും മറ്റും പലന്ത് കൊണ്ടും എല്ലാമാണ് പതക്കിലേക്ക് ആരും പോയിട്ട് വന്നിട്ടും വന്നിട്ടുള്ള ശീലം നമുക്ക് പറഞ്ഞു തീരെയില്ല തെമ്മാ കൊണ്ടും സജ്ജിപത്തുകൊണ്ടും തവാത്തറ് കൊണ്ടും പലതുകൊണ്ടും മുജൂത് മക്കൾ നമ്മക്ക് മുമ്പിൽ നല്ലവണ്ണം നേരിട്ടു നേരത്തെ ആറ് കാര്യം വേണ്ടതാ ഒന്നെങ്കിൽ ബജിനുർഹാം കൊണ്ട് അല്ലെങ്കിൽ സജ്ജീപത്ത് കൊണ്ടല്ലേ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഏതെങ്കിലും മാർഗത്തിൽ കൂടി വജുതു മക്കൾ മുന്തി നിൽക്കുന്നു പതക്കിലെ മീരവരെ പോയിട്ടൂല്ല പോയിട്ട് വന്നാൽ എണ്ണം കൂടിയിട്ടൂല്ല കണ്ടിട്ടുണ്ട് ഒന്നുമില്ല അപ്പൊ മുജൂദിൻ മക്കന്റെ മുജൂതും എന്ന നാട്ടിന്റെ മുജൂദും തമ്മിൽ വളരെ വ്യത്യാസം നമ്മുടെ മനസ്സിൽ തന്നെ കാണുന്നുണ്ട് ി മൂസാവ് അലി ഇസ്സലാം അതുപോലെ തന്നെ മൂസാ അലിസ്സലാമിന്റെ ജൂഷൻ അലി ഇസ്സലാമിന്റെയും മുജൂദിന്റെ ഇടയിൽ തന്നെ നമുക്ക് തെറ്റിയ വ്യത്യാസം കാണിക്കുന്നുണ്ട് എന്നോട് അലി ഇസ്ലാമ് ഖുർഹാനും നിരവധി നിരവധി തവണ തൗറാസും മുസ്ലിം ബലു ഇസ്രായേലും ഫിറഹനും തമ്മിലെ ചരിത്രം പറഞ്ഞ് അങ്ങോട്ട് പ്രസജ്ജമായിട്ടാണ് ജൂഷ അലി ഒരു സ്ഥലത്താവേ മുണ്ടിയിട്ടുള്ളൂ അതെന്റെ പേരായിട്ട് വർത്തൂല തമ്മില് പർസണൽ വ്യത്യാസം െന്തുകൊണ്ട് അങ്ങനെ വന്നു തോന്നിക്കൊണ്ടാ യൂസ അലൈഹി ഇസ്ലാമിനെപ്പറ്റി മുരുല്ലസമാണെന്ന് തൗതാത്ത നൽകിയെന്നും ഫിറാവിന്റെ മത്സരിച്ചതൊന്നും വയനുട്ടി നടന്നത് ഖുറാൻ എത്ര എത്ര സ്ഥലത്ത് ആവർത്തിച്ചു യൂസ അലൈഹി മക്കന്റെ മുജൂത് പതക്കിന്റെ മുജൂത് മൂസാലി ഇസ്ലാമിന്റെ മുജൂത് ഈസലി ഇസ്ലാമിന്റെ പുജൂത് ചെക്ക് ഏടിയില്ല എന്തായാലും ചക്ര വ്യത്യാസം കാണുന്നുള്ളൂ ഏറ്റവും അതെന്താ മുസ്തനത് ഹുമാ ഒന്നാമത്തെ രണ്ടെണ്ണത്തിന്റെ മുസ്തനതെന്താ ഒന്നാമത്തെ മക്കയും മുജൂത് മൂസയും തവാത്തുറന്നും നേരത്തെ പതക്കിന്റെ മുജൂദും ഈസലി ഇസ്ലാമിന്റെ ബുജൂദും അത്ത തവാത്തുറയിട്ടില്ല അതാണ് വ്യത്യാസം ി അതുകൊണ്ട് ഒന്നാമത്തേന് കൂടുതൽ തെളിഞ്ഞു കാണുന്നു രണ്ടാം മത്തീനെ കാണാം ഒന്നിലുള്ള സബബ് അക്വി ആയിട്ടുണ്ട് അതായത് അസറത്തു യൂർജാലി ഇസ്ലാമിനെപ്പറ്റി അത്ര കേട്ടുപരിചിയില്ല പദത്തിനെപ്പറ്റി കേട്ടുപരിചിയില്ല ഉണ്ടെന്ന വിഷയത്തിൽ സംശയമില്ല വക്കലാലി കൈദ്രിൻ നാഥർ ഹാഗാഫിൻ നദരീയാത്തിൽ മഹരൂഫത്തിൽ അതില്ലെത്തി നിലീലുകളെ കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട നദരീയായ വിഷയത്തിലും ഈ നെമുറി ജയുമാക്കി ഇതേ വ്യത്യാസം കിട്ടും എന്തുകൊണ്ട് ഒറ്റ ദലീൽ കൊണ്ട് കണ്ടുപിടിച്ചു നോക്കുമ്പോഴൊക്കെ കൊന്നു കിട്ടി വീണ്ടും വീണ്ടും വിവിധങ്ങളായ നിലീലുകൊണ്ട് കിട്ടിയ ഇത് തന്നെയാണോ പത്ത് കിട്ടിയ ഒന്നും ഒരു ദലിയിലുകൊണ്ട് കിട്ടിയ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല ി ദും കൊണ്ട് തെളിഞ്ഞു കിട്ടിയതിന്റെ മുനോഹല്ലി ലതിലത്തിൽ കത്തീറത്തി കീറത്തായ ദലീൽ കൊണ്ട് തെളിഞ്ഞതിന് തുല്യമാവൂലി ചെക്കില്ല എന്ന വശയത്തിൽ എന്ന് സംബന്ധിക്കുന്നു അതിനും ചെക്കില്ല ഇതിന് ശക്കില്ല എന്ന വിജയത്തിൽ തുല്യം ജീരണ്ട് ഇപ്പുറത്തെ വശത്തേക്ക് നോക്കിയാലോ പത്ത് ദലീലുണ്ടീനി ഒരു ദലീനെ മറ്റേനുള്ളൂ സിന്ധി ിൽ കൂടിയും സമാൽ കൂടിയും കേട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരുത്തൻ എന്താകുതി ചിലപ്പോ ഇൻകാറാക്കേണ്ടി വരും വല യുവരാജ്യും ഞാൻ പറഞ്ഞ ലഹ്വാൽ അതാ മൂസാ അലി ഇസ്ലാമിന്റെ മുരൂദും യൂസാ അലി ഇസ്ലാമിന്റെ മുരൂദും വെച്ചാൽ എന്തോ ഈ വ്യത്യാസമുള്ള മനസ്സിലാക്കാണെന്ന് പതക്കി എന്ന നാടും മക്കന്റെ നാടും തമ്മിൽ വെച്ച് നോക്കി എന്തോ വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളത് ഓറെ മനസ്സിൽ തട്ടി നോക്കിയിട്ടുണ്ടാവില്ല കിതാബിന് കാണുമ്പോൾ തിരിച്ചില്ല എന്തുകൊണ്ട് ശക്കില്ലാന്ന് ഓർക്ക് കിട്ടുന്നു ഒന്നാമത്തെ ഇസ്ലാഹ് മുത്തക്കല്ലി നീങ്ങനടുക്കൽ മുന്നാരന്റെ അടുക്കൽ ശക്കില്ല ശക്കി രണ്ടിലൂടെ അല്ല വൽക്കില്ല തൽ കത്ത് അടുക്കുക അധികരിച്ചു കൊണ്ടാം എന്ന് പറഞ്ഞ് ഫുലാനു അക്കസറുലാൻ ഒരാള് മറ്റേയാളേക്കാൾ ഇൽമ അക്കസറയാളാണ് നഫയാക്ക് ഇൽമിന്റെ കത്തകത്തുണ്ട് എന്നല്ലേ പറഞ്ഞത് അതിനർത്ഥം അക്കത്ത അയാളെ ഇൽമ് പലതിനോടം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അർത്ഥം ഇൽമത്തിൽ അച്ഛൻ എന്നുള്ളതാണ് ഒരു തിബത്താണ് അതിന് മുത്താൻ്റെ കാട്ട് ഇങ്ങനെ വർദ്ധിക്കുമെന്ന് ഇൽമഅക്സറെന്ന് പറയും ൂനമ കിമാർ യക്കീനി ഇതുകൊണ്ട് ചില ആലിമിനെ കാണാരിതായ മുഴുവൻ കാര്യങ്ങളിലും ഉണ്ടാക്കും കവിൽ യക്കീനാണ് കാരണം അത് മുഴുവൻ അയാൾ ഛർദിപ്പെട്ടിട്ടുണ്ട് ചില കാര്യങ്ങളിലോ ചില ബാതിൽ കപിൽ യക്കീനാണ് ചിലതിൽ അയാൾക്ക് ഛർദ്ദത്തിണ്ടാവില്ല എന്തുകൊണ്ട് ഇതിനെ ഫഹീം കുൽതാ അതെ ഫഹീംതുൽ യഖീനാ വഖുവതഹു വദഹഖഹു വഖതബതഹു വഖില്ലതഹു വദലാഹു വഖതാഹു എന്നതിക്കിതിന് നിങ്ങൾ രണ്ട് ലോഡ് കൂടി എനിക്ക് തിരിഞ്ഞു. ബിമാനാ നഫീ ശക്കിൻടവാന ഒന്നാമത്തെ വർഗാരം ഇതിനി എ ഔ ബിമാനല്ലീ സീനാഞ്ഞലൽ കൽബി കൽബിന്ന മോള ആരിബത്തെ സാദിക്കാന രണ്ടാം വർഗാരം എനിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലേ പക്ഷെ ഇവിടെ നമുക്ക് തിരിയാത്തോന്നുണ്ട് യക്കീനിടെ മുതാലില കാത്ത് എങ്ങനെ വർദ്ധിക്കുന്നതും ഇല്ലിന്റെ മുത്താലക്കാത്ത് വർദ്ധിച്ച് ഇയാളെ ഇല്ലോടും വർദ്ധിച്ച് ഇതിന് വർദ്ധിച്ച് ഇത് ഇയാള ആലുവാണ് ഇതും ഇയാളം ആലുവമാണ് ഇതും ഇയാളും ആലുവാണ് പറയാ യക്കീന് ഇനി ഇത് യക്കീന്റെ മുത്താലക്കാണ് ഇത് യക്കീന്റെ മുത്താലില്ല എങ്ങനെ വരുന്നതും ആ പറയാ എങ്ങനെ മരിക്കലോട് യക്കീനുണ്ട് മരിച്ച ഞാൻ കബറിൽ പോകണമെന്ന് യക്കീനുണ്ട് അവിടെ ഇങ്ങോട്ടും ഇങ്ങട്ട കവിരലും മുഖർ നെറ്റീനൊരു സ്വാദുണ്ട് യക്കീനുണ്ട് ഉത്തരം കൃഷ്ണത്തിൽ രക്ഷ ഉണ്ട് എന്ന് യനുണ്ട് അങ്ങനെ മുത്തഹലക്കാത്ത വർദ്ധിക്കൂലെ വസ്റ്റ മോത്തിന്റെ മറ്റന്നെ അങ്ങനെ കൊണ്ട് പോകുന്ന അതുകൊണ്ട് എന്ന് പറഞ്ഞ എന്താണെന്ന് തിരിട്ടില്ല വമചാരിയു എന്തിനാണ് യീൻ ചേടപ്പെടേണ്ടതെന്നും ഫൈൻ നീ മാനം മാടിച്ചു മായപ്പുറ ബി യക്കീൻ നമ്മക്കുന്നതല്ലാത്തലിഹി യക്കീൻ എവിടെ വെച്ച് തേടണം എന്ന് തിരിയാഞ്ഞാൽ തേടാൻ കഴിയൂലല്ലോ മീൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ മാർക്കറ്റിലാ കിട്ടുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയി തേടുള്ളൂ ഇത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ പോയി ചോദിക്കും അതേ ഉള്ളൂ നിന്ന് വരുന്ന ഇടേം കിട്ടുന്നു കിട്ടേണ്ട സ്ഥലം തില ബി പോയിട്ടാണ് തേടിപ്പിക്കുക അല്ല തേടിനാണെന്നിട്ട് വെറുതെ കമ്മീ പോവും ഫാനം ആദ്യമായി ചിന്തിക്ക അബിലർ ആദ്യം മുതൽ അവസാനം വരെ വന്നവരായി നിൽക്കുക അവർ പറഞ്ഞോട്ട കാര്യം മുഴുവനെടുക്കും അതെല്ലാം യക്കീനന്റെ മജാരികളാണെന്ന് മൊത്തം വിശ്വസിക്കാം അതായത് യക്കീൻ പോണേ അവിടെല്ലാം തോട്ടിപ്പിടിച്ചാൽ ചിന്തിക്കുന്നു അതെ ഈ മരണയുടെ നിങ്ങൾ മന്ന ആസ്പത്രി ഇറങ്ങിയിട്ട് മന്ന ജംഗ്ഷൻ വരെ നടന്നുകൊണ്ട് എല്ലാം കിട്ടുക പറഞ്ഞാൽ എല്ലാ ബുദ്ധിത്തല്ല ഇതേ മതി ആരെയസ്ലാമുതിൽ വന്ന മുഴുവൻ നമ്പിയാമർ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാവരും പറഞ്ഞ കമ്പ്യൂണിസി തന്നെ മജാറിൽ യക്കീൻ അന്ന് ഉറപ്പിച്ചേക്കാ ഫൈനൽ യക്കീൻ ഈ ബാറൊക്കെ ഞാൻ മാരീഫത്തിൻ മക്സൂസത്തിൻ്റെ മുട്ടാൻ്റെ മറുതത്തി യക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രത്യേകമായ മാരിഫത്ത് അതിന്റെ മുത്താലക്കേതാ അമ്പിയാ മുസ്സലീകൾ കൊണ്ടുവന്ന മാഴുമാത്ത ആ മാഴുമാത്ത് കംപ്ലീറ്റ് എന്ത് തന്നെ മുത്താലക്കാത്തൊരു ശക്കീനാണ് താനും അപ്പൊ ഫലാമത്ത് മാർക്കി ഹിത്ത ഈ അമ്പിയാ മസ്സലീകൾ കൊണ്ടുവന്നു എന്ന് മുഴുവനും ആക്കുന്ന വിഷയത്തിൽ അച്ഛമാക്കാൻ നമുക്ക് സാധ്യല്ല പക്ഷെ മൊത്തത്തിലൊരു കാഞ്ഞൂരി ഉണ്ടാവും ഓർത്തല്ല പറഞ്ഞു കൊണ്ടുവന്നത് അള്ളാഹന്റെ വ്യൂതുണ്ട് അതല്ല കാത്തുപോലിക്ക് തുടങ്ങി ഒരു അഞ്ചാറ് പോയിന്റ് ഉണ്ടാക്കിയേ എല്ലാ അഭ്യാപകം മൊത്തത്തിൽ കൊണ്ടു വന്ന എന്തല്ലാന്ന് റഫീതാക്കാൻ ഒന്ന് ഒരു ഗുഞ്ഞാവുണ്ട് ഒരു ആശ്രമുണ്ട് ദുഞ്ഞാവിലേക്ക് ചേർത്ത് ആശ്രമം ചേർത്ത് നോക്കിയാൽ ക്വാളിറ്റിയിലും ക്വാളിറ്റിയിലും ദുഞ്ഞാവ് ചെറുതാകുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഇതിനൊക്കെ സൃഷ്ടിച്ച് സൃഷ്ടാവുണ്ട് ഹെച്ചനാത്തുകൊണ്ട് നന്മ ഇത് ഇന്നത് കിട്ടും രക്ഷ കിട്ടും സൈ ആകത്തോണ്ട് ചെറുത് കിട്ടിയ എല്ലാ അഭ്യാപകളും പറഞ്ഞ മൊട്ടത്തിലുണ്ടുകളല്ലോ അപ്പൊ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കൃത്യമാക്കാൻ സാധ്യല്ല ഓർണ്ണീണ്ട ആയിരം കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ പറഞ്ഞു എന്തെല്ലാം കൊണ്ടുപോകുന്ന ഒന്നും പറയുന്നില്ല പക്ഷെ മൊത്തത്തിൽ ഹെത്തറാക്കിയാൽ പത്രം ഈ ഒരു കാര്യത്തിനുള്ളൂ അത് വീണ്ടും ചിരിക്കാനും ചിരിക്കാം അതാണ് ഒട്ടാ ഹീമാകാർ ആറിലേക്ക് ഉത്തിച്ചറിഞ്ഞത് ഒള്ള ആറെ കുതി തെളിഞ്ഞില്ലേ ിസീനുരാദിഹ അതുകൊണ്ട് ബാബിലെത്താക്കാതെ ഉമ്മഹാ തൻ തഫ് അതിന്റെ ബദൽ കുട്ടികൊള്ളുന്നു ആദ്യം മുതൽ തങ്ങൾ വരെ ഏത് പ്രവാചകന്മാർ ഏത് നബിമാർ ഏത് മൃസദ്യങ്ങൾ കൊണ്ടുവന്ന് തവഹീദ് വന്നിട്ടുണ്ടോന്ന് കേട്ടു ആ തവഹീദ് എല്ലാവർക്കും അതാ എന്താണ് എല്ലാ കാരണത്തിനും കാരണക്കാരനായ ഒരു മുസബിബുണ്ട് അവന്റെ വക്കൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്നതാണ് ഹെറൈഡ് വന്ന ആളുകൾ ചിലപ്പം വാഹിൽ പറഞ്ഞു ഇതിന്റെ കാരണം ഇതെന്ന് പറയും ഇതിന്റെ കാരണം ഇതെന്ന് പറയും അവര് കാരണം എണ്ണിയും എത്തി നമുക്ക് പറയുന്നത് ഇതിന്റെ എല്ലാം അച്ഛമാകുന്ന എല്ലാത്തിനും മുസബീബുല്ല സുബാബ് ഉണ്ട് അവർ ചെയ്യത്തട്ടെ അന്നം ചോദിക്കടക്ക് ഇതിന് അതെന്റെ കാരണം വലായാൻ പാടില്ല വല ഉൽ തൂ ചോദിക്കുന്ന കാരണത്താന്ന് ഓർമ്മിക്കും അവിടെയാണ് മുസ്ലിംങ്ങൾക്ക് പറ്റിയ ചെരുവിന്റെ കാരണം ഇത് തന്നെ മന്റെ കാരണം മേടം തന്നെ തുറപ്പിക്കടത്തി നോക്കാൻ പാടില്ല മുസ്തബിബുൽ അസ്ബാബിലേക്ക് നോക്ക് ൻ ഇടയ്ക്കുള്ള വാസിതകളും മുഴുവനും മുസഹറത്താലും മറ്റൊന്നും കീഴ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് വിശ്വസിക്കുന്നത് അത് അതാണ് മൂക്കിനത് <tutly> ി ഇതിനെന്താക്കി മൂക്കിനായല്ലോ ഏത് മാനാക്കോ ഒന്നാം വയനാക്കോ രണ്ടാം മാനാക്കോ പറയാം അവിടെ രണ്ടും പറയാം ഈ മുസംബിബുൻ നസുംബാബിനെ കൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നത് മറ്റൊന്നുകൊണ്ടല്ല അതിന്റെ എതിരുവശത്തിനത്തൊരു ശക്കില്ല എല്ലാം ഒന്നാം വേനാക്കേ ബന് ഉണ്ട് എന്തെല്ലാം അതേ മത്സരത്തിൽ ഇവൻ തന്നെയാകുന്നു ഇവന്റെ പ്രവർത്തനങ്ങളായിക്കൊണ്ട് കാണിൽ രണ്ടാം മായനാട്ടായി അവർ കൽവിൽ സ്ഥിതിയിലാകുന്നില്ലേമാനോടൊപ്പം ഏതാ ഇമാനി മുസബിബുൽ നാബാകുന്ന ഒരു തന്റെ വക്കൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്നുള്ള ഇമാനോടൊപ്പം കൽവിനത്തോട്ട് മുന്തത്തിയായി ഇൻഖാൻ ഷെക്കിന്റെ ഇൻഖാൻ അതായത് ഒന്നാം വാസ്തവില്ല രണ്ടാം മതവ് തടിവീസും ഇല്ല ഒന്നുമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഏത് വയനാക്ക് വയനാക്ക് ഒന്നാം സ്ഥലമാണ് പഹു മൂക്കിനും രണ്ടും പെട്ട ഒരു പ്രകാരം ഇതെന്ത് വേണം ഈ മുസബിബൽ നസമാബാകുന്ന ഒരുത്തനുണ്ടല്ലോ ഓണ്ട കെ സ്വാധീനിക്കട്ടെ എന്നാൽ രണ്ടാം മാനാക്ക് യക്കീനൻ അൽ വസാഇതി വരിലാ അൻഹു വശുക്റ ലഹും മൻ അസ്റൽ വസാഇത ഫീ ഖൽബിഹി മൻസിലത്തൽ ഖർമി വൽ യദി ഫീ ഹഖിൽ മുൻഅമി ബിതൗഖീഇ ഗദാ രണ്ടാം മാനാക ലക്കിനാകാനാവുനു ഇവന്തൽൽബിൻ മലെ ഗാരിബായി അൽ മാലി മാ നേരത്തെ പറഞ്ഞ ഇമാനോടോപ്പം എന്താണ് നേരത്തെ പറഞ്ഞ ഇമാനി മുസബ്ബിബുൻ അസ്ബാബായി ഉസ്ന കൊണ്ടാണ് അല്ല ഉണ്ടാകുന്ന സമീല്ലല്ലില്ല ഒന്നാം മാനാക എദീനാമേ രണ്ടാം മാനാക ഇതിനനോടര ഗലബത്തുൻ ഒരു ഗലബത്തു വണം എങ്ങത്തെ കലമ്പത്ത് അതാലത്ത് അവരെ തൊട്ട് നീക്കിയിട്ടുണ്ട് അൽബ അളമയിലുള്ള ഈ സാധനം ഇനം ഇത് പൊളിഞ്ഞു അല്ലേ ഈനോട് ഒരു വളവ് കാരണം ഇത് പൊളിയാൻ കാരണം ഇതാന്ന് പറയുന്നത് നോക്കി ഇതിന് മെച്ചം കെട്ടിയപ്പോൾ ഇതിനോട് വില ഇതിൽ അനുകൂലിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഇതിനോട് വില ഇതും അവന് അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒരു മുസബമുണ്ടായപ്പോൾ സബബാകുന്ന വാസിത്തയോട് ചിന്തയില്ല ഉറപ്പുമില്ല ഒരു ചുക്കുറിലകം അവർക്ക് തന്നെ ഒരു ചുക്കുർ കൊടുക്കലി പോറക്കൊണ്ട ഉണ്ടായത് എന്നുള്ളൊരു ചുക്കുർ അതെല്ലാം പോയിത്ത വാസിത്ത കടവൻ നിർത്തിയതാ ഈ കൽപ്പിനി അവന്റെ കൽവിൽ വാസിത്തനെ കാണുന്നതിന് മന്ദിരത്തിൽ തലമി വൽ സേനയുടെയും കയ്യന്റെയും സ്ഥാനം മാത്രം എന്ത് വിഷയത്തിൽ ഈ ഹക്കിൽ മുൻമിതിച്ചവട്ടേ ഒരാൾക്ക് ഇവനിക്ക് ആയിരം ഉറുപ്പിയ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗതീഷിന് ഒപ്പിട്ട് കൊടുത്തിട്ട് കള്ളാസം കൊടുത്തു രാജാവ് അല്ലേ അപ്പൊ ഈ ആയിരം ഉറുപ്പിയ കിട്ടാൻ കാരണക്കാരനായി ഈ പെണ്ണും ഈ കെയ്യുമാകുന്നു എന്ന് മനസ്സിലാക്കിയ കെറ്റിനോ രജീഷിന്റെ ആ അപ്പം ഈ കൊടുക്കുന്ന രാജാവാണ് കൊടുക്കുന്നത് പെണ്ണും ഈ കടലാസും എഴുതിയ പെണ്ണും പിടിച്ച കയ്യും വെറും വാസിത്തകളാണ് ആ സ്ഥാനത്തെ ലോകത്തിൽ എന്ത് വാസ്യത്തകളും ഉള്ളൂ എന്ന് വെക്കുന്നു ഇന്ന മൂല സ്കൂൾ കലമാ ഓനന്താക്കൂല പെണ്ണിനോടും എനിക്ക് നന്ദീന്ന് പറയാറില്ല കയ്യോടും നന്ദീന്ന് പറയാറില്ല കടലാസിനോടും നന്ദീന്ന് പറയാറില്ല വല ജഗുദിയും ആ കൈയ്യനോടോ പെണ്ണിനോടോ കടലാസിനോടോ ദേഷ്യം പിടിക്കാറുമില്ല ും ആലത്തേന് മുത്താറത്തേന് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ഒരുത്തിന്റെ കയ്യിലുള്ള വെറും ആലത്ത് മാത്രമാണിത് വെറും വാസി മാത്രം അപ്പൊ അങ്ങനെ ഉറപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവനാരായി രണ്ടാം മാനാഖും മൂക്കിനായി ഇങ്ങനെ ലോകത്തെത്രാണോ കുറച്ചു അല്ലേ ഇങ്ങനെ എന്ന് പറയുന്നൊരു ഇമാമു ലോകത്ത് കുറച്ചൊന്നും വരാക്കാ നല്ലോണം ഉണ്ടാണോ വഹുവ സമരത്വ യൻ അമ്പൽമു വ ഫായിത്തു ഒന്നാമത്തെ മേനാക്കളുടെ യക്കീനിന്റെ ഫായുധയും അതിന്റെ റൂഹം അതിന്റെ കാതലൊക്കെ കിടക്കുന്ന രണ്ടാമത്തെ യക്കീനിലാണ് ഇത്തിന്റെ ആദ്യം ഷക്കിനെ ഇല്ലാണ്ടാക്കുക എന്താ ഇല്ലാണ്ടാക്കിയപ്പോൾ ഒരു ഭാഗം മാത്രയുടെ ഇതും ചക്കീ ചെയ്തപ്പോൾ ഇത് കിറ്റായല്ലോ ഇത് ലോൺ ഓർഡിക്കുക <tode> <carrying> <horizontallydzy> <cat> <tune> <tune> ു ഒന്ന് ശംസ് മറ്റൊന്ന് ഏ നക്ഷത്ര ജമാറ്റുള്ള കരവസ്തുക്കള് നവാതാത്ത് ഹൈവാനോ മനുഷ്യൻ മാറും അപ്പൊ പശു ആണ് പാല് തരുന്നത് എന്ന് പറഞ്ഞ പശുവിന് നന്ദി നന്ദി കാണാൻ ഇവയ്ക്ക് സാധിക്കൂല അങ്ങനെ ചോദിക്കുമ്പോൾ പച്ചവനെ പടത്തുവിനെ ആരാവുന്ന അവിടത്തേക്കാണ് നന്ദി പോകുന്നത് എന്ത് മൊക്കെ നോക്കും വലിയ മുസ്ഫറാത്തും അള്ളാഹുന്റെ അമ്പ്രകാരം വെറും മുത്തഖറത്താകുന്നു കേട്ടോ ഏതുപോലെ എഴുത്തുകാരന്റെ കൈമലി നേരത്തെ പേരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഇവനിക്ക് ആയതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കടലാസ് ഉൾപ്പെട്ടെടുത്തപ്പോൾ ഈ കടലാസിന് വാസിക്കുകയാണ് എഴുതിയ പെണ്ണു ഒരു മാസത്തിയാണ് കുടിച്ച തെയ്യം ഒരു മാസത്തിയാണ് ഈ നോടുള്ള കടപ്പാടെ ആരോടും കാണുന്നുള്ളൂ ലക്ഷത്തിലാധികം ഓളങ്ങളോട് കാണുന്നുള്ളൂ അത് മഴ പെയ്യുന്ന വിഷയത്തിലോ വിഷയത്തിലോ ഭാഗ്യ സൌഭാഗ്യ ദൌഭാഗ്യത്തിന്റെ വിഷയത്തിലോ ഒരു തീരുവില്ലെന്ന് ി എല്ലാത്തിന്റെയും കേന്ദ്രം അവിടെയാണ് അവന്റെ ജവാബ് കൊടുത്തു ുംഹക്കുായാൽ ഒന്ന് വാണ്ടൽ കുതിരത്തൽ കൊല്ലി എന്നും കല്ബിനി അതാ അതാണ് നിന്റെ അവന്റെ കൽവിൽ ി ഭാഗുന്നതാണ് കലപത്തു തവക്കുലി വല്ലീം തവക്കുലിന്റെ ഒക്കെ പറഞ്ഞത് അന്നേരം ഉണ്ടായിത്തീരും അപ്പൊ തവഹീതം വന്നാണ് എന്ത് വരേണ്ടത് തവക്കുല് വരേണ്ടത് എന്ന് പണിയില്ലായ്മ എല്ലാ തവക്കുലെന്ന് പറഞ്ഞി ഞാൻ തവക്കുലാക്കിയിട്ടുണ്ട് എന്താ പറയുക ഞാൻ പണി രാജിവെച്ചിട്ടുണ്ട് അതല്ല നോക്കൂറംഹ്ക്കിനെ തൊട്ടെല്ലാം അവൻ രക്ഷപ്പെട്ടവനായിട്ടിരിക്കും കാരണം എല്ലാം ഒന്നാമത്തെ ഗണനത്തിലേക്കല്ലേ പോകുന്നു യക്കീനന്റെ ബാബിലെ ഒന്നാമത്തെ തുടക്കം എവിടെയാകുന്നു ഏത് സൗഹീദിന്റെ അതാണ് അമ്പിയാക്കൾ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ തബ്ദി സ്ഥലമന്റെ ബീച്ചു കിടക്കുന്ന അവിടെ തന്നെ എല്ലാ അമ്പിയാക്കളും എല്ലാ ഒരിയാക്കളും മുഴുവൻ ആരും എല്ലാവരും തമാറായിട്ട് കൊണ്ടുപോയി സൗഹീദിക്കാവുന്ന ഒരു പ്രശ്നേയില്ല അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊന്നുണ്ട് അത്യില്ല അള്ളാഹുബീന്റെ ജാമ്യം ഏറ്റെടുത്തല്ലോ ഞാൻ തന്നോടാണ് അതിന്റെ സിക്കത്ത് അവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന അത് വന്നുകൊള്ളും വാന്നമ കുർദിരഹു സൈസാക്കുലി ഇവനിക്ക് വല്ലതും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ജയക്ക് അത് വെരിച്ചുകൊണ്ടുവരപ്പെടും എന്നത് തന്നെയാണ് മഹിമാ കലമകാലിക്കാര കൽവി അവന്റെ കൽവിൽ അത് കാതിപായാലോ കാനമൊജുമിലം ഇത്തലവി തലവിന്റെ വിഷയത്തിന് ഇവൻ ഇജ്മാലായിരിക്കുണ്ടാകാം ശിമാലെന്ന് പറഞ്ഞാലോ തേടിപ്പൊടിക്കാൻ പോലും യാതൊരു ബന്ധപ്പാടും ഇല്ല ഇവനിക്കൊരു കുലിങ്ങനും ഇല്ല ഗോസ്തലുമില്ല തേടും മന്നം മന്നം ഇങ്ങനെ കാള കണ്ടു പോകുമ്പോൾ പോലെ എന്താ പറഞ്ഞാൽ അത് അവിടെ നേരത്തെ അയിക്കോളൂന്നുള്ള തന്നെ അതില്ലെങ്കിൽ കിട്ടാണ്ടായി പോകുന്നില്ല പടവട പിടിക്കലോ മത്സരിക്കലോ ഓ ഒന്നും അതുണ്ടാവില്ല ബത്തിന് സീറ്റ് പിടിക്കാൻ പോകുമ്പോഴത്തെ ബന്ധപ്പാടൊന്നും രസത്തിനത്തേണ്ട വിജയത്തിലുണ്ടാവില്ല എല്ലാത്തിലും അമാന്തം അതുകൊണ്ട് തീരെ തേടുക എന്ന് പറഞ്ഞില്ല മുസമ്മിലം ഫിസ്ലബാ മറ്റുള്ളാളെ കാട്ടിക്കുന്ന ബദ്ധപ്പാടുകളും എപ്രാളങ്ങളും ഈ സ്വർത്തിയോടൊന്നും അനുസരിക്കാവുന്നില്ല വലം നെസ്തബ്ദെറുസുഹുഹു അതന്നെ കാരണം മുജിബൻ ഫി തലബിന്റെ ഭയം തന്നെയാണ് വലം നെസ്തബ്ദെറുസുഹു അതിനോടുള്ള ബെറിയും അത്യാഗ്രഹം ഒന്നും ശക്തിയും കാണൂലും വല്ലതും നഷ്ടപ്പെട്ടു നെടുങ്കിയതോ ഒന്നും ഒരി കാണൂല അത് കണക്കാക്കിയത് കിട്ടുക എന്നീന്നുറപ്പം കണക്കാക്കത്ത് കിട്ടൂലുറപ്പം യക്ക് തോന്നുമെന്ന് വരണം വസമീനും ഇതേ യക്കീൻ വീണ്ടും മറ്റൊരു ഫലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായി ജുംമീദ്നാലും ഹമായ സ്വഭാവം കണ്ടാലും പലതും അവരിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാ അമ്മിന്താനിക്കളി ബാലകൾ നിസ്കാലദർവത്തിൽ ഹൈറഞ്ഞറഹു അമ്മയമൽ നിസ്കാല ദർഭത്തിൽ എന്നുണ്ടാക്കി ഓണിക്ക് വാലിമി ഹൈറായ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അണുമണിത്തൂക്കമായാലും അത് കാണും ശർവാണ് അണുമണിത്തൂക്കം ചെയ്തെങ്കിൽ അതും കാണും ഇത് അഭ്യാമൃസികൾ കൊണ്ടുവന്ന ഒരു ഇനമാണല്ലോ ഇതുപോലെ അപ്പോൾ ഒരു ഹൈറായ കാര്യം ചെയ്തക്കാ എന്ന് തോന്നുന്നതിന് കാണുമല്ലോ ശർറായകാരൻ വധിച്ചൊക്കെ കാണുമോ ശർദാജ് കാണപ്പെടുമല്ലോ ആ യക്കീനും ആന ഹൈറിലേക്ക് പ്രചരിപ്പിക്കുന്നു പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു യക്കീനക്കാബ് കൊണ്ടുള്ള യക്കീനാണ് അല്ലാബ് കൊണ്ടുള്ള യക്കീന് അപ്പൊ യക്കീനായി يَقِينُ لِذُقُوَى يَقِينُ الثَّوَابُ وَالْعِقَابُ حَتَّى جَاءَ 80 طَاعَةً لِلثَّوَابِ كَنِسْبَةِ الْخُبْزِ إِلَى الشَّمْعِ طَاعَاتُهُمْ ثَوَابُهُمْ كُنَا نِسْبَةَ نِفُو طَاعَاتِنَا الثَّوَابُ كِتْلٌ كِتْمِلٌ هَلْ خُبْزِنَا وَشَكَّهُ مَادَلُنُ كِتْمُنْدُ أَبَا خُبْزُهُمْ طَاعَاتُهُمْ قُرِنُ سَوَابُهُمْ ثِبَاهُ قُرِنُ وَنِسْبَتُ الْمَعَاصِي إِلَّ الْعِقَابِ مَعَاصِيَتُهُمْ يُعَاقَبُهُمْ يَسْمَنْ ذَا كَنِسْبَةِ صَوْمِهِمْ إِلَى فَاعِلِ الْهَدَا وَشَمٌّ وَشَمٌّ لَهُ فَامٌ وَنْدُ حَلَاقٌ وَنْدُ എന്തിന്റെ സ്ഥാനത്താണ് വശം മറാസി ഹലാക്കിന്റെ സ്ഥാനത്താണ് എendladu അതിൻ്റെ ഉഖാബു അ ഫക്കവമാ യഹദി സാലതൻ ഫീന ലിൽ ഖുംബതി തനബന്നിച്ചതൈ വിശപ്പ് മാറണ തേടുന്നതിന് വേണ്ടി ഇവനെന്താകും ഹൊബുസ് തേടിപ്പിടിക്കാൻ ഹിസ് കാട്ടുന്നത് പോലെ താത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താകും താഴത്തിനേറും അപ്പൊ പഴയപ്പോലെ കലീരഹും കസീറഹ് ഹൊബുതിന്റെ കലിയിലും കസീറോ അവിടെ സൂക്ഷിക്കുകയാണ് അത്തരകണ്ട് വശപ്പ് മാറാൻ അത് മുതുകുമല്ലോന്നും ഇതുപോലെ താഴത്തിന്റെ കലിയിലും കത്തീറും വളരെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒന്നും കളയണ്ടാന്നല്ലേ ഫകദാലിക യഹദു അലത്താഅതി ഖലീലഹാ വകസീറഹാ വകമാ യജിതനിബു ഖലീലസ്-സുമൂമി മകസീറഹാ സുമുകളിൽ നിന്നുള്ള കസീറും ഖലീലും അവ സൂചിcarുന്നതു മൊലെ ഫകദാലിക യജിതനിബുൽ മാഅസീയ ഖലീലഹാ വകസീറഹാ സഗീറഹാ വകബീറഹാ എന്നൊരു ദിക്കു അത് യഖീനു തൗഹീദും എന്ന് വന്നതാണ് അപ്പോൾ ഫൽ യഖീനു ബിൽമാനിൽ ബിൽമാൻ ലം വലീ ഒന്നാമത്തെ വാനപ്രകാരം ഉള്ള യഖീൻ അല്ലാതെ സംശയം ഇല്ല എന്തല്ലാണ്ട് ഇഫ്തയിലാകുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല സംശയം ഇല്ല എന്ന വയനാക്ക് കഥ ചോദ്യത്തിൽ യമോമിൽ മോമിനിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഏത് ഉമ്മിനോട് ചോദിച്ചോ എന്താപ്പ എന്തെങ്കിലും കരുതീതാ കോലി കിട്ടും ആ പുലി കിട്ടും പക്ഷെ കൂലി കിട്ടും ആ ഇസ്തയിലാകെ കണ്ടിൽ വരാത്തത് ആമൽ ചെയ്യാൻ വേണ്ടി പ്രേരണ അമ്മാിൽമാനത്താനി പ്രാന്യായ പ്രകാരം കൂലി കിട്ടുന്ന ആ യജ്ഞനത അത് വരുമ്പോഴാണല്ലോ ഇത് പ്രവർത്തിക്കാൻ വേണ്ടി ഇതാക്കുന്നത് ഇതിക്ക് കിട്ടും എന്നുള്ള റിഭിന്നം കൊണ്ടാണ് കണക്കിലാക്കിയിരിക്കുന്നത് അത് മുഖർ ബീങ്ങൾക്ക് മാത്രം മുഖാദൽ യീ യജ്ഞം കൊണ്ടുള്ള സമരത്തെന്താണ്ക്കുൽ മുറ കാത്തി വേണ്ടേ അല്ലേ വേണം കറക്കാത്ത് തെക്കനകത്ത് ഖത്തറാത്ത് ഖത്തറാത്തത്തെ കൽബിൽ വരുന്ന ചിന്താഗതികൾ കറക്കാത്ത തക്കനകത്ത് അപേകമല്ല ഉണ്ടാകുന്നു ഇതിലെന്താകും കടുപ്പപ്പെട്ട തിടുക്കൾ മുറാക്ക ബസ് ഉണ്ടാകും കാരണം ഇതുകൊണ്ട് അരങ്ങിയാൽ ഒന്നിക്കൽ ഹയറാകും അല്ലെങ്കിൽ ഷെർറാകും നിൽക്കാല തരത്തിലാണെങ്കിൽ കൂലി കിട്ടും ഉറപ്പിപ്പറുണ്ട് അതുകൊണ്ട് അത് സംഭരിക്കണമെന്ന് വരും ഇപ്പുറം ചെറാണെങ്കിൽ അത് കാണപ്പെടും എന്ന് ഉറപ്പുണ്ടാകും മർജിക്കണമെന്നും വരും ഖത്തറാത്തോ അതണ്ട് ീരും കാത്തു സൂക്ഷിക്കലും ഉണ്ടാകും വന്നിട്ടുള്ളൂ ആകെ തുടങ്ങിയിട്ടുള്ളൂ എന്നിട്ടല്ലാ തവറാ തിരുത്തിക്കഴിഞ്ഞു പറഞ്ഞു പറയുന്ന ആളെന്നിട്ട് പറഞ്ഞാൽ എല്ലാം മറ്റുണ്ടല്ലേ പറഞ്ഞിറാസ് കാത്തു സൂക്ഷിക്കാൻ അശദ്ദാകും നോക്കിട്ട് എന്ന് പറഞ്ഞുണ്ടല്ലോ അത് അവിടേക്കാണല്ലോ എന്ന് പറഞ്ഞ കഠിനാധ്വാനം ചെയ്യൽ ഉത്സാഹിക്കൽ എടുത്തേക്ക് നോക്കിയിട്ട് മറുവശത്തിൽ ഭാഗത്തും രണ്ടും രണ്ടു വെള്ളം കൊടുക്കട്ടെ അബിലയറ്റുമാവും ഹസീനം മുൻകത്തിനും മുത്തലിക്കാൻ ആദ്യം കത്തിക്കണം അല്ലേ ഏറ്റവും കൂടെ ഒമിന്താരിക്കമിന്ദിക്കാൻ ഇനി അബിലാക്കൾ കൊണ്ടുവന്ന മറ്റൊരു യക്കീനന്റെ ഒരു ഫോമുലിയ പറയുന്നു അള്ളാഹു സുബാന യുവസാല നിന്നെപ്പോഴും കണ്ടും അറിഞ്ഞും കേട്ടും കൊണ്ടിരിക്കുന്നടാ മുസലിന്ദ തൃപ്തി നോക്കുന്നു എന്ന് ആസ്വദിച്ചുടാം അവന്റെ ഇൽമും അവന്റെ ബസറും എല്ലാം നിന്നോട് വന്ദിച്ചിരിക്കുന്നു എന്നർത്ഥം ഇപ്പൊ മുസ്ഹിദുൽ ഹവാദിറ്റിൽ അമീകരിക്കന്റെ മാഹിത മാത്രമല്ല മനസിന്റെ ഉള്ളിന്റെ ഉള്ളുണ്ടല്ല അതിനെയും കൂടിയിട്ട് വസീകരിക്കല്ലാ മുത്തുലി മോമിനി ബിൽമാനൻ ലംബൻ ഈ വിചാരണ്ടല്ലോ ഇത് ചോദിച്ചിറങ്ങാ എല്ലാ മോമിനടുക്കലാത്തക്കീ പറഞ്ഞു പക്ഷേ ആ ബോധം എന്തായിട്ടില്ല കാര്യം പഠിച്ചില്ല എന്നുള്ളതായി വ്യത്യാസം നടക്കുന്നു എല്ലാ ഭൂമിയിലും കിടക്കിലുണ്ട് ബഹു അതുമുശക്കം വമ്മ ബിൽമാനത്താനി താനിയായ മാനപ്രകാരം അമ്മാത്താല മുത്തലിയാണ് എന്നുള്ള ബോധം കണ്ണിന് പിടിച്ചടക്കലുണ്ടല്ലോ ഇസ്റ്റിയിലാണ് അതോ ബഹുവൽ മക്സൂതു അതാണ് നമുക്ക് മക്സൂദ് കഴിക്കുന്നത് മികച്ച ദീർഘങ്ങൾക്ക് മാത്രം മുക്തസാകുന്നു സമറത്തു വന്യക്കൂര കണ്ട ആ മുത്തലി എന്ന ലയിക്കാൻ പോണില്ലേ അത് വന്നു കഴിഞ്ഞാൽ എന്താകും മുഴുവൻ നെഹ്വാലിനും അവൻ ഹൽബത്തിൽ മുത്താസിബായിരിക്കും ഇതുപോലെ ഇവനെക്കുള്ള നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാരാജാവിന്റെ ഹലത്തിൽ നിൽക്കുന്നവനെ പോലുണ്ടാകും പൈൻ മോലായതാലും മുത്തലിക്കം മുത്തേക്ക് ഇങ്ങനെ എടുക്കണ്ടിട്ട് നോക്കുന്നില്ല നോക്കിയിട്ടല്ലേ ൻകുല് അതവിന്റെ ഹയത്തിനോട് എതിരാകുന്ന എന്ത് തരത്തിലുള്ള ജനനങ്ങളെ തൊട്ടും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കും അതിന്റെ ഫണിന്റെ ബാത്തിനായ ഫിക്കിറലും ഏതുപോലെ തന്നെ ഉണ്ടാകുള്ളൂ ലാഹിറായ അമാരൽ ഇപ്രകാരമാകുന്നു അതുപോലെ രണ്ടും തുല്യം ലാഹിനും ബാത്തിനും വിറ്റാസുണ്ടാവില്ല കാരണം ഇതിപ്പോഹന്നാത്തയുടെ മുത്തല ശരീര നീക്കമായ കൽക്കോലാ ലാഹിരി ലാഹ്യതായ അമലിന്റെ മേൽ ഖൽക്കുകൾ ഇസലാഹാകാനുള്ളത് പോലെ എന്ന് അറിയുന്നതിനേക്കാൾ ഉപരി എന്താകും ബാത്തിനിന്റെ മേൽ അന്നാക്ക് ഇച്ചലാട്ട് നോക്കിക്കാം ലാഹ്യതായ ഒരു സാധനത്തിന്റെ മേൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇസലാഹാകാൻ ഇവത്ര കുപ്പിക്കുന്നു അതിനാൽക്കാണ് അപ്പൊ പടപ്പുകൾക്ക് ഈ ലാഹിറി എന്താണോ അതിനേക്കാൾ ഉപരിയാണ് ഹാല് എന്നിവന്റെ ബാത്തിന് പടപ്പുകള ബോധ്യപ്പെടുത്താൻ വേണ്ടി ലാഹിത നന്നാക്കുന്നതിനേക്കാൾ ഉപരി ഹാലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ബാട്ടിമാലത്താക്കുന്ന വിഷയത്തിലായിരിക്കും ഇതിന്റെ ശ്രദ്ധ കൂടുകാലകത്തി മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി അവന്റെ മാഹനെ തസീനാക്കുന്ന വിഷയത്തിൽ എപ്രകാരം അധ്വാനിക്കുന്നുവോ അതിനേക്കാണ് അശബ്ദായ അധ്വാനമായിരിക്കും എവിടെ അള്ളാഹു മഹാനഹു വത്താല കൺമുമ്പിൽ അവൻ തസീനാക്കാൻ വേണ്ടി ബാഫിനിന്റെ വിഭാഗത്തിന് ബാലവാം ഈ മക്കാവ് ഉണ്ടാക്കി തീർക്കും അതെ അഖലാഖല്ലേപ്പെട്ട പല അൻവായികളെയും അത് ഉണ്ടാക്കി തീർക്കും റഫീ അത്തൻ അത്യുന്നതമായ സ്വാഹാസുകൾ തുറക്കത്തിൽ മൂന്നിയക്കിനോട് പറഞ്ഞ് ഈ മൂന്ന് വാദുകളിൽ പെട്ട ഓരോ വാബിലുമുള്ള യക്കീൻ ഒരു മരത്തിനെ പോലെ ആ മരത്തിന്റെ ഓരോ കൊമ്പുകളും ശാഖകളുമാണ് കൽബിലുള്ള ഈ അഹ്ലാഖ് ഒരിക്കലേക്കുള്ള ഈ യക്കീൻ മരത്തിന്റെ മുരടം നോക്കേ ഓരോ നിന്നും പ്രത്യേക അമാലുണ്ടാക്കും എന്ന് പറഞ്ഞത് മരത്തിന്റെ കൊമ്പിൽ നിന്ന് കാഴ്ച ഉണ്ടാകുന്ന സമറത്തും അതിന്റെ പഴങ്ങളും അതിന്റെ പുഷ്പങ്ങളുണ്ടല്ലോ അതിന്റെ സ്ഥാനത്ത് അപ്പൊ ഒരു മരത്തിന്റെ മുരടും ഉണ്ട് കൊമ്പുണ്ട് പിന്നെ പഴങ്ങളും ഉണ്ട് അതിന്റെ നിർബന്ധാമത്തനും കനിമത്തൻ സമീപത്തൻ ു ഒരു മരത്തിൽ ഒരു മരം മരത്തിന്റെ ഒരു മുരടുണ്ട് കൊമ്പുണ്ട് പിന്നെ പഴങ്ങളും ഇതിന് മുമ്പ് തുടങ്ങുമ്പോൾ തുടങ്ങി വന്നത് ഇതെല്ലാം അമ്പിയാക്കൽ അവൽ വരെ കൊണ്ടുവന്നതാണ് ഇനിയോ ാണ് അസും അസാസും വൻ അത് ഒഴുകുന്ന ഒരുപാട് മേഖലകളുണ്ട് അബുബാബു ആക്കത്തറും ഞാൻ ഈ അണ്ണിയോട് തീർന്നിട്ടില്ലെന്ന് എനിക്ക് വരാനുണ്ട് ഇപ്പൊ ആകെ മൂന്നെണ്ണത്തിന്റെ എല്ലാം ആയി വേണ്ടപ്പെട്ടതെല്ലായിട്ടുണ്ട് നാലാം ദിവസത്തിൽ വരുന്നുണ്ട് അപ്പൊ ഇല്ലെന്ന് വന്നു പ്രഖ്യാപിച്ചോ ഞമ്മെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഹാദൽ കഥ കാഞ്ഞാൽ വളരെ കാഫിയാണ് വേണ്ട പോലെ ആയിട്ടുണ്ട് എന്തൊരു മാമല്ലേ ഈ മാന ലഫലിൽ ആണ് ജക്കീൻ എന്ന ലഫലിന്റെ മാന വിശദീകരിച്ചിട്ട് വേണ്ട പോലെ എല്ലാം ഇപ്പം തെക്കാലം മധ്യാക്ഷിണ്ടാവും നാലാം ചോദ്യം ഇങ്ങനെ